ണങ്ങുന്നു നെബോ കുനിയുന്നു അവരുടെ വിഗ്രഹങ്ങളെ മൃഗങ്ങളുടെ പുറത്തും കന്നുകാലികളുടെ പുറത്തും കയറ്റിയിരിക്കുന്നു നിങ്ങൾ എടുത്തുകൊണ്ട് നടന്നവ ഒരു ചുമടും തളർന്ന മൃഗങ്ങൾക്ക് ഭാരവും ആയി തീർന്നിരിക്കുന്നു അവ കുനിയുന്നു ഒരുപോലെ വണങ്ങുന്നു ഭാരമൊഴിപ്പാൻ കഴിയാതെ അവ തന്നെ വാസത്തിലേക്ക് പോയിരിക്കുന്നു ഗർഭം മുതൽ വഹിക്കപ്പെട്ടവരും ഉദരം മുതൽ ചുമക്കപ്പെട്ടവരുമായി യാക്കോപഗ്രഹവും ഇസ്രയേൽ ഗ്രഹത്തിൽ ശേഷിച്ചിരിക്കുന്ന എല്ലാവരുമായുള്ളവരെ എന്റെ വാക്ക് കേൾപ്പീൻ നിങ്ങളുടെ വാർദ്ധക്യം ഞാൻ അനന്യൻ തന്നെ നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും ഞാൻ ചെയ്തിരിക്കുന്നു ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിവിക്കുകയും ചെയ്യും നിങ്ങളെന്നെ ആരോട് ഉപമിച്ച് സദൃശമാക്കും തമ്മിൽ ഒത്തുവരത്തക്കവണ്ണം എന്നെ ആരോട് തുല്യമാക്കും അവർ സഞ്ചിയിൽ നിന്ന് പൊന്ന് കുടഞ്ഞിടുന്നു തുലാസിൽ വെള്ളിത്തൂക്കുന്നു തട്ടാനെ കൂലിക്ക് വെക്കുന്നു അവൻ അതുകൊണ്ട് ഒരു ദേവനെ ഉണ്ടാക്കുന്നു അവർ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുന്നു അവർ അതിനെ തോളിലെടുത്തുകൊണ്ടുപോയി അതിന്റെ സ്ഥലത്ത് നിർത്തുന്നു അത് തന്റെ സ്ഥലത്ത് നിന്നും മാറാതെ നിൽക്കുന്നു അതിനോട് നിലവിളിച്ചാൽ അത് ഉത്തരം പറയുന്നില്ല കഷ്ടത്തിൽ നിന്ന് രക്ഷിക്കുന്നതുമില്ല ഇതോർത്ത് സ്ഥിരത കാണിക്കോഹികളെ ഇത് മനസ്സിലാക്കുവിൻ പണ്ടുള്ള പൂർവ്വകാര്യങ്ങളെ ഓർത്തുകൊള്ളുവീൻ ഞാനല്ലാതെ വേറൊരു ദൈവമില്ല ഞാൻ തന്നെ ദൈവം എന്നെപ്പോലെ ഒരുത്തനുമില്ല ആരംഭത്തിങ്കൽ തന്നെ അവസാനവും പൂർവ്വകാലത്തു തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു എന്റെ ആലോചന നിവർത്തിയാകും ഞാൻ എന്റെ താൽപ്പര്യമൊക്കെയും അനുഷ്ഠിക്കും എന്ന് ഞാൻ പറയുന്നു ഞാൻ കിഴക്ക് ഒരു റാഞ്ചൽ പക്ഷിയെ ദൂരദേശത്തുനിന്ന് എന്റെ ആലോചനയെ അനുഷ്ഠിക്കുന്ന പുരുഷനെ തന്നെ വിളിക്കുന്നു ഞാൻ പ്രസ്താവിച്ചിരിക്കുന്നു ഞാൻ നിവർത്തിക്കും ഞാൻ നിരൂപിച്ചിരിക്കുന്നു ഞാൻ അനുഷ്ഠിക്കും നീതിയോട് അകന്നിരിക്കുന്ന കഠിനഹൃദയന്മാരെ എന്റെ വാക്കുകേൾപ്പിൻ ഞാൻ എന്റെ നീതിയെ അടുത്തുവരുത്തിയിരിക്കുന്നു അത് ദൂരമായിരിക്കുന്നില്ല എന്റെ രക്ഷ താമസിക്കുകയുമില്ല ഞാൻ സിയോനിൽ രക്ഷയും ഇസ്രയേലിന് എന്റെ മഹത്വവും നൽകും